എന്താ പറയാ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു നാടൻ പെൺകുട്ടിയായിരിക്കണം ഈ പട്ടിക്കാരുടെ ഒന്ന് പോണോ നമ്മുടെ ഒക്കെ സംസ്കാരമുള്ള എന്റെ സംസ്കാരമുള്ള പെണ്ണായിരിക്കണം കേരളത്തിൽ തന്നെ ജനിച്ചോടുന്ന കുട്ടിയായിരിക്കും പിന്നെ മിനിമം ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി വേണം ഹോൾഡേഴ്സിന് പിന്നെന്താ പറയണ്ടെ നല്ല തലമുടിയൊക്കെ ആയി നല്ല കണ്ണുകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ചന്ത വേണം പിന്നെന്താ പറയാ ആ പിന്നെ നല്ലൊരു നാടൻ പേരായിരിക്കണം പശുവിനൊക്കെ എന്താ പറയാ ചായയും പലഹാരവും അതിനൊക്കെ പിന്നെ വേറൊരു കാര്യം അതിനൊക്കെ കഴിഞ്ഞിട്ട് പറയാം ചേട്ടാന്ന് വിളിക്കണം ഇത്രൊക്കെ നടന്നു തന്നെ ഓ കാരണം അനുഗ്രഹിച്ചാലും ഭർത്താവേ ഇവന്റെ വിവരക്കേടും രക്ഷിക്കണമേ